നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നിങ്ങൾ താമസിക്കുന്നിടത്ത് അവരെയും താമസിപ്പിക്കുക അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവരെ ഇടുങ്ങിയതാക്കാൻ നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത് അവർ ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നതുവരെ നിങ്ങളവർക്ക് ചെലവഴിക്കുക അവർ നിങ്ങൾക്കു വേണ്ടി മുലയൂട്ടുകയാണെങ്കിൽ അവർക്ക് അർഹമായ പ്രതിഫലം നൽകുക നിങ്ങൾക്കിടയിൽ മാന്യമായി കാര്യങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ മറ്റൊരു സ്ത്രീ അവൾക്കുവേണ്ടി മുലയൂട്ടും